യത്ത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിം വേത്തിയ ചലത്തി തത്യന്തിക്കുദ്ധിഗ്രാഹ്യം അതീന്ദ്രിം वे सामधिस्थि भजन पाप अलग ज्ञानमला योगानुष्ठान स्टेट अलधि अल्ञान विचार आरंभ मुदल्त तेज नरियनवन അതുകൊണ്ട് ഈ സുഖത്തിനെ അയാള് സുഖമെന്നുള്ള ആസ്പെക്ടിലല്ല അയാളുടെ ശ്രദ്ധ അത് തൻ്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ വളരെ വ്യത്യാസമുണ്ട് ഞാൻ പറയണതൊക്കെ ചിലർക്കൊക്കെ ഉപയോഗപ്പെടും ചിലർക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല കുഴപ്പമില്ല കേട്ടോളൂ സുഖം ആത്യന്തികം ആത്യന്തികം സുഖമെന്ന് പറഞ്ഞു അതായത് ഇറ്റ് ഇസ് നോട്ട് എ ക്രിയേറ്റഡ് ജോയ് ഇപ്പോ വിശക്കണു ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കൊണ്ട് തൽക്കാലത്തേക്ക് ആ സുഖം ആവിർഭവിച്ചു ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതും അല്ലേ വിശ എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു സുഖമുണ്ട് വിശപ്പ് നല്ല വിശപ്പ് എന്നിട്ട് ഊണ് കഴിച്ചു ഒരു സുഖം അത് കഴിഞ്ഞാ പോയോ പിന്നെ സുഖമുണ്ടോ പിന്നെ പറഞ്ഞ പിന്നൊക്കെ പോയി ഡള്ളായി ഒന്നിനും ഒരു ഉത്സാഹമില്ല സത്സംഗത്തിന് വന്ന് വേറെ നിറച്ച് ഊണ് കഴിക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഭാഗ് ഗീത കേൾക്കുമ്പോ സുഖം ഉണ്ടോ ക്കം വരും ഒന്നും മനസ്സിലാവില്ല എന്ന് പറയും ഇരുന്നു ഉറങ്ങും എന്താ വേറെ നിറച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ ആ സുഖം കുറച്ചു നിന്നിട്ട് പോയി അത് പുറമേ നിന്ന് എന്തിൽ നിന്നോ വന്ന സുഖമാണ് ഇവിടെ ഭഗവാൻ പറയണത് ആത്യന്തികം സുഖം എന്നാണ് ഇറ്റ്സ് ദ അൾട്ടിമേറ്റ് ജോയ് അതായത് അതിലിനിയൊന്നും ചേർക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയതാണെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ഉണ്ടാക്കണത് ആ ഉപകരണം എടുത്തു കഴിഞ്ഞാൽ പോയി പോകും പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് പാട്ട് നിന്നാ പോയി പോയി എന്തെങ്കിലും വിഷയ ഉള്ള ഒരു സുഖമുണ്ട് സത്സംഗം നിന്നാൽ ദുഃഖമായെങ്കിൽ പോയി അത് ആത്യന്തികമല്ല എപ്പോഴാ ആത്യന്തികം സുഖമാവണത് എന്ന് വെച്ചാൽ ആ സുഖം പുറമേ ഒന്നിനെയും ആശ്രയിക്കണില്ലെങ്കിൽ ശരീരത്തിനെ പോലും ആശ്രയിക്കണില്ലെങ്കിൽ മനസ്സിനെയും ആശ്രയിക്കണില്ലേ ആ ബുദ്ധി ആശ്രയി അതവിടെയുണ്ട് അങ്ങനെ ഒരു സുഖമുണ്ടോ അതാണ് പറഞ്ഞത് യോഗം എന്ന് പറഞ്ഞു ഭഗവാൻ ആത്യന്തികം എത്തത് അതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും ബുദ്ധിഗ്രാഹ്യം എന്ന് പറഞ്ഞു ബുദ്ധിഗ്രാഹ്യം എന്ന് വെച്ചാലോ നമ്മളുടെ ബുദ്ധി എപ്പോ സൂക്ഷ്മമാവുന്നു അന്തർമുഖമാവുന്നു അപ്പൊ അത് ബുദ്ധിയല്ല അത് ബ്രെയിൻ അല്ല അത് ഭഗവത് കൃപയായിട്ട് തീരും അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആത്മാവം ഗിരിജാമതി പറഞ്ഞു ആ ബുദ്ധി തന്നെ അംബികയുടെ സ്വരൂപമായിട്ട് തീരും യാവി സർവഭൂത ബുദ്ധി രൂപേണ സംസ്ഥിത അപ്പൊ ബുദ്ധി വെറും ബ്രെയിൻ അല്ലാതെ അപ്പോ ആ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനം എന്നുള്ളതിന് മറ്റൊരു പേരാണ് നമ്മളുടെ ബുദ്ധി തന്നെ എന്താവണു നമ്മളിൽ നമ്മുടെ സ്വരൂപത്തിനെ പ്രതിഫലിച്ചു കാണിക്കണം അതീന്ദ്രിയമായ ഒരു മണ്ഡലത്തിന് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നിലയൊക്കെ പറഞ്ഞുവല്ലോ സുഷുപ്തിയിൽ ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞു ആ സുഖത്തിനെ നമ്മൾ ശ്രദ്ധിക്കണില്ല നമ്മൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമത് പ്രകൃതിയിലൊരു സത്വഗുണുണ്ട് രണ്ട് ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ എവിടെയോ നമ്മളെ അറിയാതെ ഒരു അവ്യക്തൃതമായൊരു ഓർമ്മ ആ ഒരു വേഗ് റിക്കളക്ഷൻ പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ളൊരു ആവരണശക്തി വിക്ഷേപശക്തി ഈ വിക്ഷേപശക്തി എന്ത് എന്ന് വെച്ചാൽ അതിന്റെ പവർ തന്നെ നമ്മളെ മറക്കാൻ വെക്കുക എന്നുള്ളതാണ് ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ അത് എന്തു ചെയ്യും പെട്ടെന്ന് അങ്ങടെ പുറമേക്ക് വന്നിട്ട് നമ്മൾ കൊണ്ടായ ആത്മാനുഭവത്തിനെ മറന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകുന്നത് ഈ വിക്ഷേപശക്തി വിജയമാണ് ഏറ്റവും വലുത് എന്നാ പറയണ വിക്ഷേപശക്തി വിജയോ വിഷമോ വിധാതും ശേഷം ആവരണ നിവൃത്തി അഭാവേ ആവരണം നിവൃത്തമായാൽ വിക്ഷേപശക്തി പോകും അപ്പോ ഈ ഉറങ്ങി എഴുന്നേറ്റ് നമ്മളുടെ ബുദ്ധി അതീവ ശുദ്ധവും സൂക്ഷ്മവും ആവുമ്പോൾ നമ്മൾ ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് അതിനാണ് ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു കൊടുക്കണത് ഗായത്രി ജപിച്ചാൽ സ്കൂളിൽ നിറയെ മാർക്ക് കിട്ടും നിറയെ ജപിക്കൂ എന്ന് പറയും അത് ശരിയാണ് കാരണം ആത്മജ്ഞാനമേ ഉണ്ടാവുമെങ്കിൽ സ്കൂൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല ധാരാളമായിട്ട് പറ്റും ബ്രഹ്മോപദേശമാണ് ഈ ഗായത്രി അത് ജപിക്കാൻ പറയണത് എന്തിനാന്ന് വെച്ചാൽ ധിയോയോ നഹ് പ്രചോദയാ എന്ന് ജപിക്കണതിന്റെ ഉദ്ദേശം ധീ എന്ന് വെച്ചാൽ ഈ ബുദ്ധി ബുദ്ധി എന്തിന് ശക്തിമെത്താകണം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന യാതൊരു അവബോധമുണ്ടോ ആ അവബോധത്തിനെ ഗ്രഹിക്കാനുള്ള ശക്തി ഈ ബുദ്ധിക്കുണ്ടാവും നാമം ജപിക്കുന്നതും ഭക്തി ചെയ്യുന്നതും ഒക്കെ ക്രമേണ ക്രമേണ ഈ ബുദ്ധി നമ്മളിൽ തന്നെ ഉള്ള സുഖത്തിനെ ആത്യന്തികമായ സുഖത്തിനെ പതുക്കെ ഗ്രഹിക്കും എന്നുവെച്ചാൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും ഇത് എന്ന് കാണിക്കും നിങ്ങൾ പുറത്തുനിന്നും നേടേണ്ടതല്ല സുഷുപ്തിയിൽ അത് ആവിർഭവിക്കണോ അത് തന്നെ തെളിവാണ് നിങ്ങളിലതുണ്ട് അപ്പൊ പതുക്കെ പതുക്കെ ജാഗ്രത്തിൽ നമ്മള് ഈ ആവരണത്തിനെ നിവർത്തിപ്പിക്കും എന്ന് വെച്ചാൽ മനസ്സിന്റെ വിചാരങ്ങളെ നീക്കുകയും യോഗസ്ഥിതിയിൽ ഇരുന്ന് പഴകുകയും ചെയ്യുമ്പോ ആ സുഖം നമ്മളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സുഖം ആനന്ദം പതുക്കെ പ്രകാശിക്കും അകമയ്ക്ക് അതാണ് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് പറഞ്ഞു ഇന്ദ്രിയ സുഖമല്ലാതെ അത് എക്സൈറ്റ്മെന്റോ ഡിപ്രഷനോ അല്ല അത് സദാ നിരന്തരമുള്ള ഒരു വസ്തുസ്ഥിതിയാണ് അതിന് വിടവില്ല അതുകൊണ്ട് ആത്യന്തികം സുഖമെന്ന് പറഞ്ഞു ആ ആത്യന്തികം സുഖം ഇന്ദ്രിയസുഖൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തിന് മേലെ അനുഭവിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ തളർന്നു പോകും എത്ര നേരം പായസം കഴിക്കാൻ പറ്റും എത്ര നേരം പാട്ടുപാടി ഡാൻസ് കളിക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ ഒക്കെ ക്ഷീണിച്ചു പോവും പക്ഷെ ഈ ഒരു സുഖത്തിന് ടൈമൊന്നുമില്ല ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ബൈ എ പേഴ്സൺ അതിന്ദ്രിയം എന്ന് പറയാൻ കാരണം ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ഒരാൾ അനുഭവിക്കണവനുണ്ട് ഇവിടെ അനുഭവിക്കണവനില്ല സുഖമേ ഉള്ളൂ അങ്ങനെ ഒരു സുഖം എന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ഉണ്ടല്ലോ സുഷുപ്തിയിൽ എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറഞ്ഞു ആ സുഖത്തിനെ ആരും അനുഭവിച്ചു ഞാനിരുന്നു അനുഭവിച്ചില്ലല്ലോ ഞാനിരുന്ന് അനുഭവിച്ചാൽ സുഷുപ്തി അവിടെ സുഖമായി ഇരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ സുഖ അപ്പോ അങ്ങനെ ഒരു സുഖമുണ്ട് പക്ഷെ അവിടെ ഒരു കുറവുണ്ട് എന്താ കുറവ് ആവരണം ബുദ്ധിയിൽ ഉണ്ട് അതുകൊണ്ട് അത് സുഷുപ്തി മാറി ഒരു ദോഷം മാറി വിക്ഷേപം അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ദുഃഖമില്ലാത്തത് സുഖമുണ്ട് പക്ഷെ അറിവില്ല അവബോധമില്ല ഈ സമാധിസ്ഥിതിയിൽ സുഖമുണ്ട് ദുഃഖ നിവൃത്തിയുണ്ട് ആനന്ദമുണ്ട് അതിനെ സ്വയമേവ അനുഭവിക്കുന്നു സുഖം ആത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഭി നല്ലവണ്ണം അറിയുന്നു ഇതിന്റെ വിശേഷം നമ്മൾ ധ്യാനം കൊണ്ട് അനുഭവിക്കുമ്പോ വേത്തി ഭഗവാൻ പറഞ്ഞു ഞാൻ ആത്മാവാണെന്നും ഞാൻ ശരീരമല്ലെന്നും മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നും എനിക്കില്ലെന്നും ശുദ്ധമായ ചിദ്വസ്തുവാണ് ഞാനെന്നും എനിക്ക് യാതൊരു പരിണാമമില്ലെന്നും ധ്യാനവേളയിൽ അറിയുകയും ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മയുണ്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല ഉണർന്നു കഴിഞ്ഞിട്ട് തത്വത അവൻ പിന്നോക്കെ വ്യവഹാരമൊക്കെ ചെയ്യും ഇന്നലെ പറഞ്ഞുപോലെ അയാൾ എന്തൊക്കെ കുമ്പാട്ടം അയാൾ ഏതെങ്കിലും തൽക്കാലത്തേക്ക് താൻ സ്ത്രീയാണെന്ന് പോലും ധരിച്ചുകൊണ്ട് നടിച്ചാൽ പോലും അയാൾ താൻ പുരുഷനാണെന്ന് എവിടെയെങ്കിലുമൊക്കെ മറന്നുപോകാൻ സാധിക്കും അയാൾക്ക് അതിന് പൗരുഷം അയാൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തത്വമറിഞ്ഞ ജ്ഞാനി ധ്യാനമൊക്കെ വിട്ടിട്ട് തൽക്കാലത്തേക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് അയാളുടെ പ്രാരബത്തിനനുസരിച്ച് എന്ത് ജോലി ചെയ്യണോ സ്വധർമ്മം എന്ത് ചെയ്യണോ എന്തൊക്കെ പണി ചെയ്താലും അതിന്റെ പുറകിൽ താൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം താൻ ആത്മാവാണെന്നുള്ള അനുഭവം താൻ സച്ചിദാനന്ദ അനുഭവം മറക്കണമെന്ന് വിചാരിച്ചാ പോലും മറക്കാൻ പറ്റില്ല കാരണം ഓർക്കുക മറക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിയുടെ പണിയാണ് ഇത് ബുദ്ധിക്ക് ഈ അനുഭവം അതുകൊണ്ട് ഓർക്കുക മറക്കുക എന്നുള്ളത് അവിടെ സാധ്യമല്ല െ എന്നാലും നിങ്ങൾ ഇങ്ങനെ മന്ത്രമൊട്ട പോലെ ഇരിക്കുന്നുണ്ടല്ലോ കാരണം എന്താ നിങ്ങളുടെ ഒക്കെ ഉള്ളില് അത് ഉണ്ട് അതാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് അറിഞ്ഞോ അറിഞ്ഞില്ലയോ നിങ്ങൾ മനസ്സിലായോ മനസ്സിലാക്കിയില്ലയോ ഇപ്പൊ ഇങ്ങനെ നിശ്ചലമായിട്ട് ഇരിക്കണുണ്ടല്ലോ മറന്നിരിക്കണുണ്ടല്ലോ ഒരു കഥ പറഞ്ഞാൽ ഇത്രയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അത്രയധികം എക്സൈറ്റ്മെന്റോടുകൂടെ എക്സൈറ്റ്മെന്റ് ഞാൻ ഒരു വാക്ക് പറയണു അത്രയധികം വിസ്മയത്തോടുകൂടെ അത്രയധികം ആശ്ചര്യത്തോടുകൂടെ അറ്റ്ലീസ്റ്റ് എന്റെ മുഖ മുമ്പിൽ കാണുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട് കാരണം എന്താ അറിഞ്ഞിൽ അറിയലല്ല അപ്പോ ഇപ്പൊ അറിഞ്ഞിട്ടില്ല എഴുന്നേറ്റിട്ടിപ്പോ എന്താ ചോദിച്ചാൽ ചിലപ്പോ ഒന്നും അറിയില്ല എന്താ പറഞ്ഞാ പക്ഷേ നമ്മളെക്കുറിച്ചുള്ള കഥയാണത് നമ്മളാണത് ബോധജന്യസ്മൃതി ഉള്ളിൽ ഉണരുക അങ്ങനെയാണ് അപ്പോ ആ സ്ഥിതിയിൽ സുഖമാത്യന്തികം ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തിയത്രന ചൈവായം സ്ഥിതശലതി തത്വത താത്വികമായയാൾ അതിൽ നിന്ന് ഒരിക്കലും ചലിച്ചു പോകില്ല അങ്ങനെയുള്ള ആ സ്ഥിതിക്ക് അടുത്ത ശ്ലോകം നോക്കൂ യം ല്വാം ലാഭം മന്യത്തെ തോന്നുഖേന ഗുരു തം വിദുഖ സംയോ വിയോം യോഗസം യോഗോ അനിർവിണചേതസം ല ഇപ്പൊ പറഞ്ഞുവല്ലോ ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത സത്സംഗത്തിൽ ശരിക്കും സുഖം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ നല്ല സത്സംഗത്തിനെ അറിയാം എങ്ങനെ സത്സംഗത്തിൽ നമുക്ക് മനസ്സിലാവും ശരിയാണോ നോക്കി എന്നു വെച്ചാൽ ഏത് സത്സംഗസുഖം ധ്യാനസുഖം ആത്മാനുഭവസുഖം കിട്ടിക്കഴിഞ്ഞാലാണോ പിന്നെ ഒരിക്കലും നമ്മൾ പഴയ പോലെ ലോകത്തിലുള്ള വിഷയങ്ങളിലൊക്കെ നമ്മളുടെ ഹാബിറ്റ് കാരണം പിന്നെയും പഴയ കാര്യങ്ങളൊക്കെ ചെയ്യുകയുമൊക്കെ ചെയ്യുമായിരിക്കും പിന്നെയും പഴയ പല വിഷയങ്ങളിലേക്കും പോകുമായിരിക്കും പക്ഷേ നമ്മള് കെട്ടുപോയിക്കഴിഞ്ഞു എന്നുവെച്ചാൽ നമ്മൾക്ക് ഒരു വലിയ കുഴപ്പം വന്നു കഴിഞ്ഞു എന്താന്ന് വെച്ചാൽ ഇനി ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ലോകത്തില് ഇനിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എപ്പോഴാണോ ഈ സുഖത്തിന്റെ ഒരു ടേസ്റ്റ് ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞത് പിന്നെ ഹാബിറ്റ് കൊണ്ട് പഴയ പോലെ തന്നെ ഒക്കെ വിഷയങ്ങളിലേക്കൊക്കെ പോയാൽ പോലും അയാൾക്ക് സല്ലകി പല്ലവപ്രീതം ഇവേഭം നിമ്പ പല്ലവാ നല്ല മധുരമായ കരിമ്പ് കഴിച്ച ആന നിവൃത്തിയില്ലെങ്കിൽ പിന്നെ വേപ്പിന്റെ അലയൊക്കെ തിന്നും അത്രേ നിവൃത്തിയില്ലെങ്കിൽ വേപ്പിന്റെ അലയൊക്കെ തിന്നും അതുപോലെ ഇവിടെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്വരൂപസുഖത്തിനെ കണ്ടു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ചിലപ്പോൾ അതിന്റെ വിലയൊന്നും അറിയില്ല പക്ഷെ പിന്നീട് മറ്റു വസ്തുക്കളോടൊക്കെ കമ്പയർ ചെയ്ത് നോക്കും തോറുമാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് നമുക്ക് കിട്ടിയിരിക്കണത് എന്താണ് നമുക്ക് കിട്ടിയിരിക്കണത് എന്ന് അറിയും അതിനോട് ഉപമിച്ച് നോക്കുമ്പോ ബാക്കിയൊക്കെ കുപ്പിച്ചില്ലാണെന്ന് വലിച്ചെറിയും നമ്മൾ ചിന്താമണിയും കുപ്പിച്ചില്ലും പോലെ എന്നാണ് ഭാഗവതം പറയുന്നത് ചിന്താമണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുപ്പിച്ചില്ല കൊണ്ടിപ്പോ ഇമിറ്റേഷൻ ഗോൾഡ് ഗോൾഡ് പോലെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് സ്വർണത്തിന് തുല്യമായ അതിനെ എടുത്തു വെക്കില്ലല്ലോ നമ്മള് അതുപോലെ ഈ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ സുഖമൊക്കെ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് പ്രതിഫലനാണേ ആ പ്രതിഫലനമൊക്കെ കുറച്ചൊക്കെ സുഖം പോലെ തോന്നിയാലും അതിലൊക്കെ പഴയ സുഖത്തിന്റെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് പോയി വീണാൽ പോലും ഇയാൾക്ക് മന്യത്തേന അധികം തഥ എം ഏതൊന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അപരം ലാഭം അതിന് മേലെ അയാൾക്ക് എന്തൊക്കെ തന്നെ കിട്ടിയാലും മന്യത്തേന അധികം തഥ പിന്നെ ഒന്നും അതിൽ നിന്ന് അധികമാവില്ല എന്നാണ് ഇത് കിട്ടാത്ത ആൾക്കാണോ ലോകത്തുനിന്ന് കിട്ടുന്ന റെക്കഗ്നീഷനും ലോകത്തുനിന്ന് കിട്ടുന്ന പണവും ലോകത്തുനിന്ന് കിട്ടുന്ന പ്രസിദ്ധിയും ലോകത്തുനിന്ന് കിട്ടുന്ന സുഖവും ഒക്കെ രുചിക്കണത് ഇത് കിട്ടിയ ആൾക്ക് ഒക്കെ പോയി മാത്രമല്ല മുകളിലേക്ക് പോകും തോറും ചോട്ടിലുള്ളത് തന്നെ പോയി ഈ സുഖത്തിനോട് ഉപമിക്കുമ്പോ എല്ലാം എല്ലാം എല്ലാം പോയി പോകും എം ലബ്ധ്വാ അപരം ലാഭം മന്യത്തെ അധികം തഥാഹ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സുഖത്തിനെ കുറിച്ചാണ് ഈ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് സ്വാമി ഈ സത്സംഗവും ഇതിലും രുചിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ആകെ പാടുമ്പോ പ്രശ്നമായി പലതും നമ്മൾ നല്ല കാര്യം എന്ന് പറഞ്ഞ് ചെയ്തിരുന്നത് പോലും ഇപ്പൊ രുചിയില്ലാതായി എന്താന്ന് വെച്ചാൽ ഈ ഉള്ളിലുള്ള ആള് എല്ലാത്തിനെയും തിന്നുകളയും ബാക്കിയൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ പൊളിച്ചു പോവും എന്താന്ന് വെച്ചാൽ അപ്പൊ പിന്നെ ഒരു നടുവിലൊരു സ്ഥിതി ഉണ്ട് അതാണ് കഷ്ടം എന്താന്ന് വെച്ചാൽ ഇത് കണ്ടു നീ ബാക്കിയൊന്നും രൂചിക്കണില്ല ഇതൊട്ട് പ്രകാശിക്കണമില്ല അപ്പഴ് അപ്പോഴാണ് വിരഹം അങ്ങടേക്ക് ഇങ്ങോട്ട് പോവാനും വയ്യ അമ്മാ ഇല്ലത്ത് നിന്ന് വിട്ടു അമ്മാ തൊട്ട് എത്തിയില്ല എന്ന് മലയാളത്തിൽ പറയും ഇല്ലത്തുനിന്ന് വിട്ടു അമ്മാ തൊട്ട് എത്തിയില്ല എന്ന് പറയുമ്പോ ഇങ്ങു അവിടെ എത്തിയില്ല എന്ന് അടുക്കു നിൽക്കുമ്പോഴാണ് ദുഃഖം തോന്നുന്നത് ലോകത്തില് വയ്യ ലോകമൊക്കെ പോയി എന്നിട്ട് പരമാർ പാരമാർത്ഥികമായ ഭഗവത് സുഖവും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ ധാരാളം കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മഹർഷിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നമുക്കറിയില്ല പക്ഷെ എവിടെയെങ്കിലുമൊക്കെ അവർ നടന്നു വന്ന ഫുട് ഒക്കെ ഈ കൃതികൾ എഴുതുന്നത് മഹാത്മാക്കള് അവർ ആ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴല്ല ഒരു വിരഹ താപത്തിലിരിക്കുമ്പോഴല്ല കീർത്തനം വിരഹ താപമൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഭഗവത് അനുഭവം വന്ന് സ്വസ്ഥരായ ശേഷമാണ് ഓർത്തുകൊണ്ടാണ് പലപ്പോഴും അത് എഴുതുക പഴയത് മുഴുവൻ ഓർത്തിട്ടാണ് ഫുട് അധികമായിട്ടും കീർത്തനങ്ങളുടെ പാട്ടുകളൊക്കെ വരുന്നത് പല മഹാപുരുഷന്മാരുടെയും ചരിത്രത്തിൽ ഒറ്റയടിക്കാണ് അവർ എഴുതിയിരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ആ ഓർമ്മ പഴയ ഫുട് പ്രിൻസിൽ മഹർഷിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് അദ്ദേഹം എഴുതിയതൊക്കെ വിരഹ താപത്തിൽ കരയണ കീർത്തനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാനില്ല അതൊക്കെ എപ്പോഴോ അനുഭവങ്ങൾ അക്ഷരമണമാലയം മുഴുവൻ ഈ ഒരു അനുഭവം ഉണ്ടായി എന്നിട്ട് വിട്ടുപോയി എന്നുള്ള സ്ഥിതിയിലാണ് എന്നെ അഴുത്തിപ്പോതെ കലവാവിടിൽ ഇതുവോ ആൺമി അരുണാചല എന്ന് പറഞ്ഞു കരുണയാല ആണ്ടി കാക്ഷി തന്ന അരുളില്ലി ഉലിയേ പതെത്തി കാണാതോ കമലം അരുണനുക്ക് അരുണാ അരുണനാമന്നി അരുണലി സുരന്തരുവിയായും അരു അരുണമയും അൻപേ ആ അനുഭവം കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ും അതിനുശേഷം തുമായിട്ട് തീരുന്നു എം ല അപരം ലാഭം അധികം തഥിൻ സ്ഥിത ബാക്കിയൊക്കെ സുഖമൊക്കെ ദുഃഖമായിട്ട് തീരുമെന്നാണ് എന്നുവെച്ചാൽ ഞാനികൾക്ക് ആത്മാനുഭവത്തിന് ശേഷം അവർക്ക് വ്യക്തമായി അറിയണതെന്താ നമ്മള് ലോകത്തിലെ സുഖം സുഖം എന്ന് വിളിക്കുന്നത് അവർക്ക് ദുഃഖമായിട്ടാണ് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു അഡിക്ഷൻ ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് സിഗരറ്റ് വലിയ ഒരു സുഖമാണോ അവർക്ക് തന്നെ അറിയാവുന്ന സുഖമൊന്നും അല്ലാന്ന് ഒരു യുക്തി ചിന്തിച്ചാലോ ഒരു യുക്തിയും ഇല്ലാത്ത കാര്യം വെറുതെ ഒരു സാധനത്തിനെ വായിൽ വെച്ച് മൂക്കുകൂടെയും വായു കൂടെയും പോകപ്പെടുന്നത് എല്ലാ അർത്ഥമുണ്ടോ എന്നാലും ഇവര് ഒരു കാരണമില്ലാതെ ആ വിഭ്രാന്തിക്ക് അടിമപ്പെടുന്നു എന്നിട്ട് അതിനെ സുഖമിത്തി വിപര്യസ്യതി ജനാ അതുപോലെ തന്നെ നമ്മളെ സുഖം എന്ന് പറയുന്നത് മുഴുവൻ ആലോചിച്ചാൽ അതുപോലെയാണ് ഇത്തിരി സുഖം പിന്നെ ദുഃഖം ഡയബറ്റിക് ആണ് കഴിക്കാൻ പാടില്ല പായസം പഞ്ചസാര കഴിക്കാൻ പാടില്ല ചിലർക്ക് അറിയാം എന്നാലും ആരും കാണാതെ പഞ്ചസാര പിടിപിടിയായി വായിലി വായി വായിലിടത്ത് എന്നിട്ടോ വിഷമിക്കും വിഷമിക്കുമ്പോ വേണ്ടി കിടന്നില്ല എന്ന് തോന്നും കഴിക്കുമ്പോ എത്ര നേരത്തേക്ക് സുഖം ഉണ്ടായി വിടുന്നത് ഇതുവരെ ദുഃഖം അറിയാം റിഞ്ഞാലും എന്താ നമ്മൾക്ക് അതൊരു സൂക്കേടാണ് സുഖമല്ല അതൊരു തരം രോഗമാണ് ആ രോഗത്തിനെയും സുഖമെന്ന് നമ്മൾ വിളിക്കുന്നു പക്ഷെ ഇതൊക്കെ ആത്മാനുഭൂതി ഉണ്ടായ ആൾക്ക് ഇതൊക്കെ സുഖമെന്ന് വിപരീത പ്രത്യയമില്ല ഇത് ഇനി അതിൽ നിന്ന് ഒന്നും അധികമായിട്ട് കരുതാനില്ല എം ലബ്ധുവാച്ച് അപരം ലാഭം മന്യത്തേന അധികം തത്താം യസ്മിൻ സ്ഥിതം ആ അനുഭൂതിയിൽ ദൃഢപ്രതിഷ്ഠ നേടിക്കഴിയുമ്പോ സുഖത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ദുഃഖത്തിന്റെ കാര്യം പറയാണ് എസ്മിൻ സ്ഥിത്തോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതെ സുഖം അതിന് മേലെ ഒന്നും അധികമായി കരുതുന്നില്ലാന്ന് പറഞ്ഞു മാത്രമല്ല ആ സ്വരൂപത്തിൽ സ്ഥിതനായവന് എത്ര വലിയ ദുഃഖം അവൻ ഗുരുണേ ഗുരുണാഭി ദുഃഖേന ഗുരുണാഭി ദുഃഖേന എന്ന് പ്രബലമായ ദുഃഖം എത്ര വലിയ ദുഃഖം എന്നാലും നവിച്ചാല്യത ചലിക്കില്ല അയാൾ ആത്മാനുഭവത്തിൽ നിന്നും ചലിക്കില്ല എത്ര വലിയ ദുഃഖം വരട്ടെ ഉദാഹരണം പറയണത് ജ്ഞാനിയുടെ മാധുര്യത്തിന് കുറവേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആചാര്യസ്വാമികളുടെ ഒരു ഉദാഹരണമാണെന്ന് തോന്നുന്നു ഒരു ശർക്കര ഉണ്ട എത്ര വെട്ടിമുറിച്ചാലും അത് മധുരമായിട്ടിരിക്കും അതുപോലെ ജ്ഞാനിയുടെ ശരീരത്തിന് എത്ര വെട്ടിമുറിച്ചാലും അയാളുടെ അനുഭവം ആധുര്യത്തിന് കുറവൊന്നുമില്ല എന്നാണ് പൂർണമായും മധുരമായ എത്ര തന്നെ ദുഃഖം ഉണ്ടാവട്ടെ എന്തൊക്കെ തന്നെ വിഷമം ഉണ്ടാവട്ടെ മഹാപുരുഷന്മാർക്കൊക്കെ പലവിധ വ്യാധികളും ഒക്കെ വന്നിട്ട് വിഷമിച്ചതൊക്കെ നമുക്ക് കഥയുണ്ട് അതൊക്കെ കേൾക്കുമ്പോ പല ആളുകൾക്കും തോന്നും ഈ അധ്യാത്മൊന്നും കാര്യമില്ലാന്ന് തോന്നും ആനന്ദാശ്രമത്തിലെ സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ വർഷം സമാധിയായി അപ്പൊ സ്വാമി സമാധി ആവുന്നതിന് ഒരു നാലഞ്ചു മാസം മുമ്പ് ഏകദേശം നമ്മള് ഈ മെയ് മാസത്തോടെ അതായത് സച്ചിദാനന്ദ സ്വാമി അധികം ആർക്കും അറിയാത്ത ഒരു മഹാത്മാവാണ് വളരെ കുറച്ചു പേർക്കേ അറിയുള്ളു കണ്ടാലും ഒന്നും പ്രത്യേകത ഒന്നും തോന്നില്ല എന്താന്ന് അത്രയധികം വിനയം അടക്കം ശരണാഗതി ഭാവം ഒരു പ്രത്യേകതയും അദ്ദേഹം ജീവിതത്തിൽ പുറമേക്ക് കാണിച്ചിട്ടേ ഇല്ല ഇത്രയധികം അടങ്ങിപ്പോയ ഒരു മഹാപുരുഷനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും അടങ്ങിപ്പോയത് കൊണ്ട് അറിയണവർക്കറിയാം അല്ലാത്തവർക്ക് അറിയില്ല ഭാരതം കണ്ട മഹാപുരുഷന്മാരിൽ വളരെ ശ്രേഷ്ഠരായിരുന്ന ചില മഹാത്മാക്കളിൽ ഒരാളാണ് അദ്ദേഹം പലരും അപ്പോ ചിലപ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചില മഹാത്മാക്കളെ ആരെങ്കിലും ഒക്കെ കാണണം എന്നുണ്ട് ആരെങ്കിലുമൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെ സിൻസിയർ ആയിട്ടാണെങ്കിൽ സ്വാമിജി ഉള്ളപ്പോ പറഞ്ഞയക്കുമായിരുന്നു കണ്ടിട്ട് വരാൻ പറഞ്ഞു പലർക്കും ഒന്നും മനസ്സിലാവില്ല എന്താന്ന് വളരെ വിനയമായി സാധാരണമായി എല്ലാരോടും പെരുമാറിക്കൊണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു മഹാപുരുഷൻ ലാസ്റ്റ് ഡേയ്സ് ആവുമ്പോഴേക്കും വളരെ അടുത്തിരുന്നു ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ മഹിമ മനസ്സിലാക്കി ആ ശാന്തിയെ മനസ്സിലാക്കി എങ്കിലും രമണ മഹർഷി ഒരു വർഷക്കാലം സാർക്കോമ കൊണ്ട് വിഷമിച്ചു രാമകൃഷ്ണ പരമഹംസനും കുറച്ച് മാസങ്ങള് ഉണ്ടായിരുന്നു സച്ചിദാനന്ദ സ്വാമി ഏകദേശം നാല് വർഷം ആ ശരീരത്തിന് ഇട്ട് വല്ലാതെ വിഷമിപ്പിച്ചു പ്രാരബ്ദം നാലു വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രാരബത്തിന്റെ വിഷമം ഭക്തന്മാരുടെ സ്നേഹത്തിന്റെ വിഷമം പല വിധത്തിലും ചികിത്സിച്ചും വിഷമിപ്പിച്ചു ഉണ്ടായി നിവൃത്തിയില്ല അപ്പോ ഏകദേശം മെയ് മാസം അദ്ദേഹം സമാധിയാവുന്നതിന് മുമ്പ് അതെന്തോ എന്തോ കൃപയാണോ എന്താ എന്തോ ഒന്നും രാവിലെ നേരത്തെ എനിക്കൊരു ഫോണ് വന്നു ഞാൻ അപ്പൊ കോയമ്പത്തൂരിൽ ഇരിക്കായിരുന്നു അതുപോലെ സ്വാമിജി രാത്രി ഒക്കെ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു ഒന്ന് ഫോണ് കൊടുക്കാമെന്ന് പറഞ്ഞു സ്വാമിജി തന്നെ പറഞ്ഞു ഒന്നിങ്ങോട് വരൂ എന്ന് പറഞ്ഞു വിളിച്ചു അവിടെ പോയിട്ട് ഒരു നാല് ദിവസം സത്സംഗം ഉണ്ടായി സ്വാമിജി മുഴുവൻ ഇരുന്നു അപ്പൊ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അധികം ഡിവോട്ടീസിനൊക്കെ അടുത്ത് വിടാതിരിക്കുന്ന സമയമായിരുന്നു സ്വാമിജി എല്ലാവർക്കും വേണ്ടി പുറത്തു വരികയും സത്സംഗത്തിലിരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ വളരെ അടുത്ത് ഇരുന്ന് ശ്രദ്ധിച്ചതാണ് ആ ശരീരത്തിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വല്ലാതെ വിഷമിക്കണമെങ്കിലും അകമയ്ക്ക് അതൊന്നും യാതൊരു വിധത്തിലും ബാധിക്കണില്ല ആ സമയത്ത് ചില ഭക്തന്മാരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ചിലര് എന്നോട് ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനെ ഇപ്പോ ഒരു മഹാത്മാവ് വിഷമിക്കണത് ഇതെന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആദ്യം എനിക്ക് വായിൽ വന്ന ഉത്തരം ശരീരപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അധ്യാത്മ ജീവിതത്തിലേക്ക് വരണ്ട എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ് ശരീരപ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കാൻ ഇവിടെ സ്ഥലമല്ല ദാറ്റ് വിൽ ഫോളോ യു ശരീരത്തിനോടുള്ള ഐഡന്റിഫിക്കേഷൻ താതാത്മ്യം വിടലാണ് അധ്യാത്മികത എന്നല്ലാതെ ശരീരത്തിനെ മാറ്റിമറിക്കലല്ല രണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ശരീരത്തിന് ഇത്രയധികം വിഷമുണ്ടായിരുന്നിട്ടും യാതൊരു വിധത്തിലും ഇരുപ്പിനും ആ ശാന്തിക്കും ഒരു കോട്ടം തട്ടാതെ എങ്ങനെ ഇരിക്കാം എന്ന് കാണിച്ചു രണ്ടാമത്തെ കാര്യം നമ്മളുടെ പ്രാരബ്ധം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമ്മളുടെ ശരീരത്തിന് ചിലപ്പോ പ്രശ്നമൊന്നും വരാതെ തന്നെ നമ്മൾക്ക് അന്ത്യം വരാമായിരിക്കാം പക്ഷേ ഗ്യാരണ്ടി ഒന്നുമില്ല അതുകൊണ്ട് ഈ ആത്മവിദ്യ എന്തിനാണെന്ന് വെച്ചാൽ എത്ര വലിയ ദുഃഖം വരട്ടെ എന്തൊക്കെ തന്നെ വിഷമങ്ങൾ വരട്ടെ ശരീരത്തിന് മാത്രമല്ല ബാഹ്യ ലോകത്തിലും വന്നാലും വിശാല്യതെ തത്വജ്ഞാനത്തിൽ നിന്നും അല്പം പോലും ചലിക്കാത്തവൻ മഹർഷിക്ക് എക്സ്പ്ലിസിറ്റായിട്ട് മഹർഷിയുടെ ജീവിതത്തിൽ കണ്ടിരുന്നതാണ് കയ്യിൽ സാർക്കോമാ വ്യാധി വന്നിട്ടും ഭഗവാൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു ആളുകളൊക്കെ ചോദിക്കുമ്പോ എത്രയൊക്കെ വേദന ഉണ്ടല്ലോ ഭഗവാന് ഭഗവാൻ പറഞ്ഞു ശരീരമേ ഇല്ലല്ലോ ശരീരം എവിടെയെന്നു എനിക്ക് ശരീരമില്ലല്ലോ വളരെ ഉറച്ച് ലാസ്റ്റ് ദിവസം വരെ അത് ആളുകൾക്ക് മനസ്സിലാവുകയല്ല ഇതെങ്ങനെ അദ്ദേഹം ശരീരം ഇല്ലാന്ന് പറയണത് നമ്മൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹം ശരീരം കാണണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പ്രാരബ്ദാണെന്ന് ഒരു ദൃഷ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നക്ഷത്രമൊക്കെ കാണും സൂര്യന്റെ അടുത്ത് രാത്രി നക്ഷത്രങ്ങൾ കാണും ചില നക്ഷത്രങ്ങളൊക്കെ ഇന്ന് ഇപ്പൊ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അത് ചോദിച്ചാൽ അവര് പറയാ നമ്മൾ കാണുന്ന ചില നക്ഷത്രങ്ങൾ വേണമെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും രണ്ടു വർഷം മുമ്പ് പൊലിഞ്ഞു നക്ഷത്രമാണ് നിങ്ങൾ കാണുന്നത് എന്ന് രണ്ടു വർഷം മുമ്പ് ആ നക്ഷത്രം പോയി കഴിഞ്ഞു അപ്പൊ കാണണ്ടല്ലോ അത് കാരണം ആ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെട്ട വെളിച്ചം ഇവിടെ വരാൻ നാലു വർഷമാവും അല്ലെങ്കിൽ ആറു വർഷമാവും എട്ടു വർഷമാവും അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ച് അതുകൊണ്ട് രണ്ടു വർഷം മുമ്പ് പൊലിഞ്ഞു നക്ഷത്രത്തിനെ നിങ്ങൾ ഇപ്പോഴും ഉള്ള കാണുകയാണ് രണ്ട് വർഷം മുമ്പ് ആ നക്ഷത്രം പോയി ഇനിയും ഒരു മൂന്ന് വർഷത്തേക്ക് കൂടെ കാണും അത് കഴിഞ്ഞാൽ പറഞ്ഞുപോകും പക്ഷെ ഈ അഞ്ചു വർഷം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ നക്ഷത്രം ഉണ്ടോന്ന് അർത്ഥമല്ല ആ നക്ഷത്രം പോയി കഴിഞ്ഞു പിന്നെ എന്തുകൊണ്ട് കാണുന്നു ഡിസ്റ്റൻസ് കൊണ്ട് കാണുകയാണ് അതേപോലെ കർമ്മത്തിന്റെ ഡിസ്റ്റൻസ് കാരണം ജീവൻ ശരീരം ഭക്തന്മാരുടെയും സാധകന്മാരുടെയും അവരുടെ പ്രാരബ്ധത്തിന് അവർക്ക് എന്തോ ആ ശരീരത്തിന് ഒരു നിയോഗമായി വെച്ചുകൊണ്ട് അവർക്ക് ജ്ഞാനമാർഗം കിട്ടാനുള്ളതുകൊണ്ട് ജ്ഞാനികളുടെ ശരീരം അത് വിഷമിക്കുന്നതായിട്ടും പ്രാരബം അനുഭവിക്കുന്നതായിട്ടും സുഖിക്കുന്നതായിട്ടും ദുഃഖിക്കുന്നതായിട്ടും ഒക്കെ ജിജ്ഞാസുക്കൾക്ക് കാണുമെങ്കിലും ദൃഷ്ടിയിൽ തനിക്ക് ദേഹമില്ല എപ്പോ ആത്മാനുഭവം ഉണ്ടായോ അപ്പോഴേ ദേഹം പോയി വളരെ ഉയർന്ന കാര്യമാണ് ഞാനിപ്പോ പറയണത് വളരെ വളരെ വളരെ ഉയർന്ന വേദാന്തത്തിന്റെ അവസാനത്തെ പടിയാണ് പറയണത് എങ്കിലും പറയണു അത്രേയുള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയണം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ആ സ്ഥിതിയിലാണ് അവർക്ക് ദുഃഖമൊക്കെ പോയി എന്താന്ന് വെച്ചാൽ ദുഃഖം എന്ന് വെച്ചാൽ ശരീരം ഉണ്ടെങ്കിലേ ദുഃഖമുള്ളൂ ശരീരം എവിടെ ദുഃഖം അവരെ സംബന്ധിച്ചിടത്തോളം പോയി പക്ഷെ അവരുടെ ശരീരത്തിന് ദുഃഖം വരുന്നതൊക്കെ നമ്മളൊക്കെ കാണും അവർക്ക് ശരീരമില്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളുടെ അടുത്ത് അയാൾ എഴുന്നേറ്റവും നടന്നു എന്തൊക്കെയോ ചെയ്തു അടുത്തിരിക്കുന്ന ആള് നേരം വിളിച്ചായിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു നീ രാത്രി എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയോ എന്ന് ചോദിച്ചു നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് അയാൾക്കൊന്നും അറിയില്ല നമ്മൾ കണ്ടു അയാൾ എന്തൊക്കെയോ ചെയ്തതായിട്ടും ചിലര് പാട്ടുപാടും ഉറക്കത്തിൽ എഴുന്നേറ്റ് ചിലര് പ്രസംഗിക്കും പക്ഷെ അതൊന്നും അവർക്ക് അറിയില്ല നമ്മൾ കാണുന്നുണ്ടല്ലേ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് ശരീരത്തില് അങ്ങനെയാണ് മഹാപുരുഷന്മാരുടെ ദേഹം ലോകത്തിൽ വർദ്ധിക്കണെങ്കിലും ആ ദേഹത്തിന് ദുഃഖമോ സുഖമോ ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് അവരെ ബാധിക്കണില്ല നമ്മൾക്കപ്പൊ എന്തിനേതൊക്കെ പറയണതെന്ന് വെച്ചാൽ നമ്മളും അവരുടെ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഈ ധ്യാനം ശീലിച്ചാൽ ഭഗവത് കൃപയുടെ സാക്ഷാത്കൃതി നമുക്ക് ഉണ്ടായാൽ നമ്മൾക്കും ദുഃഖമൊക്കെ തന്നെ ശരീരത്തിന് വന്നാലും ആ ദുഃഖം നമ്മളെ ബാധിക്കാത്ത ഒരു യോഗസ്ഥിതി ഉണ്ട് ഒരു പരിപൂർണ സംരക്ഷണധാമുണ്ട് എന്ന് സൂചിപ്പിച്ച് കാണിക്കാണ് അതിലിരുന്നു കൊണ്ട് ശരീരത്തിന് വിഷമമൊക്കെ വന്നാലും ബാധിക്കാതിരിക്കാൻ പറ്റും സർവത്തോ ഭദ്രമാണത് അതാണ് ആ സ്ഥിതിയെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു തം വിദ്യാത് ദുഃഖ സംയോവിയോം യോഗസജിതം സ നിശ്ചയോയോ അനിർവിണചേതസ